ഒരു സൂറത്ത് അവതരിക്കപ്പെടുമ്പോൾ അവരിലൊരു വിഭാഗം പരസ്പരം നോക്കി ചോദിക്കുന്നു ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ പിന്നീട് അവർ മടങ്ങിപ്പോകുന്നു അള്ളാഹു സുബഹാനുഹുവ ചാല അവരുടെ ഹൃദയങ്ങളെ വഴിതിരിച്ചുവിട്ടു കാരണം അവർ വിവേകമില്ലാത്ത ജനതയാണ്